നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ അല്ലാഹുവിനോടാണ് ഉടമ്പടി ചെയ്യുന്നത് അല്ലാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മുകളിലാകുന്നു അതിനാൽ ആരെങ്കിലും ഉടമ്പടി ലംഘിച്ചാൽ അവൻ സ്വന്തം ശരീരത്തിന് തന്നെയാണ് ലംഘിക്കുന്നത് എന്നാൽ അല്ലാഹുവിനോട് ചെയ്ത ഉടമ്പടി പാലിക്കുന്നവന് അവൻ മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്